ുക്രമൃതമു തന്നോകൃതീംജത്സവം നിസൃത മഹദ്ജ്രിരമൃതന്ദി ഭ സൂര്യ ഭ്രശ്ചാശ്ശ इह प्राग शरीरस्य तत कल्पते ृत्यवृदशात्म ുരീവ ദൃശ്യപയോലോകൃതാവം ഉദയാസ്തമയോചയ മഹദക്ത പര പുരുഷോ ജന്തുഷ പശ്യ മനിഷാമനസു ിമൃസ്തേ പഞ്ചാവത്തി മയേ അത്രമത്തോ പ്രഭവാപ്യയോ നൈ വാച നമനസ പ്രക്കോനുഷ അതിുവതോന്യത്ര <tod> േ പ്രമുച്യ േ പ്രഭി യധ്യാസനം ശതം ഏകാ ജഹൃദയ താസാർസൃതൈക തോർധ്വമാൻ അമൃത മേതി ഉത്മണേ അങ്കുഷ്ടമാത്രപുരുഷോദരാത്മാ റൃ്ຶ്຀ു ന്ຂ്ຍ� ക്ຊു ചൌ്�ു സ്�ു പു്ു ന്�് ന് കേ ചൌ് ന്ു ക്െ ണ്ു സ് ടൗ് ന്് ച് ന് ക് ക് ച് പെ മ്ത് നച� മൃത്യു പ്രോക്തീതോധ്വാദവിധി ബ്രഹ്മാപ്തോ വിരജോഭൂമു അന്യോപ്യംയോ വിധ്യാത്മമേ പതിനൊന്നാമത്തെ മന്ത്രമാണ് കഴിഞ്ഞ മന്ദിരത്തിൽ ചർച്ച ചെയ്തത് പരമഗതി മോക്ഷത്തെക്കുറിച്ചാണ് പ്രധാനമായും വേണ്ടത് ഇന്ദ്രിയങ്ങളുടെ മനസ്സിന്റെ പൂർണമായ നിവൃത്തിയാണ് ആ നിവൃത്തിയുടെ പൂർണതയിൽ എല്ലാ വ്യാപാരങ്ങളും അവസാനിക്കുമ്പോൾ ആ ജീവൻ പരമഗതിയെ പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞത് അതിനുള്ള ഉപായമായിട്ടാണ് യോഗത്തെ നിർദ്ദേശിച്ചത് ആ യോഗം എന്താണെന്നാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത് താൻ യോഗമിതി മന്യന്റെ താൻ മുമ്പ് പറഞ്ഞതായ അവസ്ഥ കഴിഞ്ഞ മന്ത്രത്തിൽ വിശദീകരിച്ചതായ അവസ്ഥ ആണ് യോഗം എന്ന് പറയുന്നത് ഇതി മന്യന്റെ വിയോഗമേവ സ്വന്തം യോഗം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ിജ് യോഗി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് യോഗ ശബ്ദം ഉണ്ടാകുന്നത് അതിന് വിപരീതമായൊരർത്ഥമുണ്ട് വിയോഗം എന്നുള്ള അർത്ഥമുണ്ട് യോഗം ഉള്ളിടത്ത് വിയോഗം ഉണ്ടാവും കൂടിച്ചേരുന്നിടത്ത് വേർപെടലും ഉണ്ടാവും അപ്പൊ യോഗത്തിൽ വരുന്ന വിപരീതാർത്ഥം വിയോഗം അതെന്താണ് അതാണ് ഭാഷ്യകാരൻ അടുത്തു പറയുന്നത് സർവ അനർത്ഥ സംയോഗിയോഗലക്ഷണ ഹിമാ അവസ്ഥ യോഗിന യോഗമെന്ന് പറയുമ്പോൾ സർവ അനർത്ഥ സംയോഗങ്ങളിൽ നിന്നുള്ള വിയോഗവുമാണ് സർവാനർത്ഥ സംയോഗം സർവാനർത്ഥ സംബന്ധങ്ങൾ അവിദ്യ അസ്മിത രാഗക്ലേശാദികളിൽ നിന്നുള്ള വിയോഗവുമാണ് യോഗിന യോഗിയുടെ ഈ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ് വിയോഗവുമാണ് ഒന്നിനോട് ചേരുമ്പോ മറ്റുള്ളതിൽ നിന്നും വേർപെടുന്നു അജീവന് പരമാത്മപ്രതിഷ്ഠയുണ്ടാകും അതിന് യോഗം എന്ന് പറയുന്നു അതേസമയം വിയോഗവും സംഭവിക്കുന്നു സർവാനർത്ഥങ്ങൾ എന്നാണ് അതുകൊണ്ട് ആണിവിടെ പറഞ്ഞത് ഈ യോഗം വിയോഗമാണ് ി മന്യുന്റെ സ്ഥിരാം അതിനടുത്ത് വ്യാഖ്യാനിക്കുന്ന ഏതസ്യാം അവസ്ഥ ആത്മാ യോഗത്തിന്റെ സവിശേഷത എന്താണ് അവിടെ ആത്മാവ് സ്വരൂപപ്രതിഷ്ഠിതനായിരിക്കുന്നു ആത്മാവ് സദാസ്വരൂപത്തിൽ സ്ഥിതി അതിനൊരിക്കലും സ്വരൂപത്തിൽ നിന്നുള്ള ചുതി സംഭവിക്കുന്നില്ല വീണ്ടും ഒരു പ്രതിഷ്ഠ ഉറച്ച സ്ഥിതി അതാണ് പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ പ്രരൂഢമായ സ്ഥിതി അതാണ് പ്രതിഷ്ഠ ആത്മാവ് സദാ ഉറച്ച സ്ഥിതിയിലാണ് ഈ അവസ്ഥയിൽ പ്രത്യേകിച്ച് എന്താണ് അതിന്റെ ഒരു സ്വരൂപ പ്രതിഷ്ഠ അതിന് സമാനമാണ് പറയുന്നത് ആത്മാവിന്റെ ച്യുതി സ്വരൂപത്തിൽ നിന്നുള്ള ചുതി എന്ന് പറയുന്നത് അതാണ് ബന്ധനം അതെന്താണ് അവിദ്യ അധ്യാരോപണം അവിദ്യയാൽ കൽപ്പിക്കപ്പെടുന്നതാണ് തദ്വർജിതമായി അതില്ലാതായി അതാണ് അവിദ്യ അധ്യാരോപണം വർജിതമായി അപ്പൊ ആത്മാവിന്റെ ബന്ധം കല്പിതമാണ് അതിന്റെ ജീവഭാവം കൽപ്പിതമാണ് അത് ഇല്ലാതായി ഇരിക്കുന്നതാണ് സ്വരൂപ ആത്മാവ് മുമ്പ് സ്വരൂപത്തിൽ നിന്ന് മാറുകയും വീണ്ടും ആ സ്വരൂപത്തിലേക്ക് തിരിച്ചു ചെയ്യുന്നില്ല ആത്മാവ് ഒരിക്കലും ബന്ധനത്തിൽപ്പെടുകയും പിന്നീട് അതിൽ നിന്നും മോചനം നേടുകയും ചെയ്യുന്നില്ല വെറും കൽപ്പന മാത്രം സ്വരൂപച് അതിൽ നിന്നും വിട്ട് സുസ്ഥിരനായിരിക്കുന്നു സ്വനിഷ്ഠനായിരിക്കുന്നു എപ്പോ ഏതസ്യാം അവസ്ഥ ഈ കഴിഞ്ഞ മന്ദരത്തിൽ വിശദീകരിച്ച ആ അവസ്ഥയിൽ എന്താണ് അവസ്ഥ അച്ചലാം ഇന്ദ്രിയധാരണ ബാഹ്യഅന്ധകർണാനാം ധാരണം കരണങ്ങൾ രണ്ട് വിധമാണ് ബാഹ്യം അന്ധ പുറമേ ഉള്ളത് ഉള്ളിലുള്ളതാണ് ബാഹ്യഅന്ധക്കരണ അതിന്റെ ധാരണം അതാണ് ഇന്ദ്രിയ ധാരണ എന്ന് പറഞ്ഞത് അതാണ് ഇന്ദ്രിയുള്ള ശ്രമം അതിനാണ് വേണ്ടിട്ടുള്ള ശ്രമം ആ ശ്രമത്തിൽ അത് സ്ഥിരമാകുന്നില്ല സാധകാവസ്ഥയിൽ സ്ഥിരമാകുന്നില്ല ഇന്ദ്രിയ ധാരണ ഉണ്ടാകുന്നു വീണ്ടും അതെന്ന് വ്യതിചലിച്ചു പോകുന്നു അതിനാണ് ആത്മാവിന്റെ സ്വരൂപചുതി എന്ന് പറയുന്നുണ്ട് കല്പിതമാണ് ഇന്ദ്രിയങ്ങൾ ആ ഇന്ദ്രിയങ്ങൾ ബഹിർമുഖങ്ങളായി ആത്മാവിനെ ബന്ധനത്തിൽ പെടുത്തുന്നു ജീവൻ അതിൽ മോചനം നേടാൻ ശ്രമിക്കുന്നു ആ ശ്രമത്തിൽ അതിന് സ്ഥിരത വരുന്നില്ല ദീർഘകാലത്ത് പരിശ്രമം കൊണ്ടു അങ്ങനെ സ്ഥിരത വരുന്നു സു ദീർഘകാല നൈരന്തര്യ ദീർഘകാലമായി നിരന്തരമായി യോഗശാസ്ത്രത്തിൽ പറയും അങ്ങനെ ആ ദൃഢഭൂമിയിലെത്തുന്നതിനാണ് ഇവിടെ പറയുന്നത് സ്ഥിരാം ഇന്ദ്രിയ ധാരണ ദൃഢഭൂമിയിലെത്തിച്ചേരുന്നു ദൃഢഭൂമിയിലെത്തിച്ചേരുന്ന യോഗിയുടെ ഭാഷയിൽ പറഞ്ഞാല് സ്വേച്ഛാധീനമായിത്തീരുന്നു ഇന്ദ്രിയങ്ങളെല്ലാം അങ്ങനെ ഇന്ദ്രിയ ധാരണം സംഭവിക്കുന്നുള്ളു അങ്ങനെ യോഗശാസ്ത്രത്തിൽ പറയും അപ്രതിസംക്രമ ബുദ്ധി ബുദ്ധിക്ക് പ്രതിസംക്രമം സംഭവിക്കാതിരിക്കുന്നു ഇന്ദ്രിയങ്ങളോട് ബുദ്ധി താഥാത്മ്യപ്പെട്ട വിഷയങ്ങളിലേക്ക് പോകുന്ന സ്വഭാവം ുദ്ധിയിൽ നിന്നില്ലാതാകുന്നു അങ്ങനെ എത്തിച്ചേരുന്ന ഒരു അവസ്ഥ അന്ധക്കണ്ണത്തിനുണ്ടാകുന്നു ഇന്ദ്രിയങ്ങളുടെ ബഹിർമുഖമായ അപ്രവർത്തനങ്ങളെ നിരോധിക്കുക അല്ലെങ്കിൽ അതിന് ശേഷം ഇല്ലാതാക്കുക എന്ന് പറയുന്നവര് യോഗയ്ക്ക് മാത്രമേ സാധിക്കൂ അല്ലാതെ ഒരുപാട് സാധിക്കത്തില്ല അതിനുള്ള വഴി യോഗത്തിൽ മാത്രമേ ഉള്ളൂ അവിടെയാണ് സ്ഥിരമായ നിശ്ചലമായ അച്ചലാം പറയുന്നു ഒരിക്കലും വ്യതിചലിക്കാത്ത സാധാരണ വിവേകം കൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അതാ വിവേകത്തിന്റെ ബലത്തെ ആശ്രയിച്ചിരിക്കും വിവേകം ഏതുസമയം ദുർബലമാകാം ക്ഷയിക്കാം ഇന്ദ്രിയങ്ങളും പൂർവസ്ഥിതിയിലാവും അതതിന്റേതായ പ്രവൃത്തിയിൽ പോകും യോഗത്തിൽ അങ്ങനെയല്ല സമാധി പരിശീലനത്തിലൂടെ അതിനെ പൂർണമായും നശിപ്പിക്കുകയാണ് ക്ലേശങ്ങളെ നശിപ്പിക്കും നശിപ്പിക്കുമ്പോൾ രോഗിക്ക് പൂർണമായും അധീനമായിത്തീരുന്നു ഇന്ദ്രിയങ്ങൾ അവിടെ മാത്രം ഈ അചലമായ ഇന്ദ്രിയ ധാരണ സംഭവിക്കത്തുള്ളൂ മറ്റത് വിവേകത്തെ ആശ്രയിച്ചു ഇവിടെ നുസരിച്ചിരിക്കുന്നു അഭ്യാസം കൊണ്ട് അതിന് ഇല്ലാതായിക്കളയും വൃത്തി നിരോധം പരിശീലിച്ച് അതിനെ നിയന്ത്രിക്കുന്നു ആ രണ്ടു മാർഗങ്ങളിലും സവിശേഷതയതാണ് ഈ സ്ഥിരമായ അച്ചതമായ ഇന്ദ്രിയ ധാരണ എന്ന് പറയുന്നത് യോഗിക്ക് മാത്രമേ യോഗമാർഗത്തിലൂടെ പോകുന്നതിന് മാത്രമേ കൈവരുത്ത പൂർണമായും അങ്ങനെ വരുമ്പോ അപ്രമത്തു പറയുന്നു പ്രമാദവർജിത പ്രമാദങ്ങൾ ഇല്ലാത്തവനായി തീർന്നു പ്രമാദങ്ങളെ ഒഴിവാക്കാനും യോഗിക്കേ കഴിയും കാരണം യോഗിക്ക് മനസ്സില്ല അയാൾ ചിത്തത്തെ നിരോധിച്ച് മനസ്സെന്ന് പറയുന്ന വസ്തുവിനെ തന്നെ ഇല്ലാതാക്കളാണ് മനസ്സുള്ളിടത്തെ പ്രമാദമുള്ളൂ അന്ധകരണം ഉള്ളിടത്തേ പ്രമാദമുള്ളൂ അന്ധകരണം ഉണ്ടോ അവിടെ പ്രമാദം ഉണ്ടായി അന്ധകരണം ഇല്ലെങ്കിൽ പിന്നെ പ്രമാദം ഇവിടെ സംഭവിക്കും പ്രമാദം എന്ന് പറഞ്ഞാൽ വീഴ്ച വീഴ്ച എന്ന് പറഞ്ഞാൽ ധർമ്മം നീതി സദാചാരം ഇവയെക്കുറിച്ചൊക്കെ അറിയാം വിവേകമുണ്ട് പക്ഷെ വിരുദ്ധമായി പ്രവർത്തിച്ചിരുന്നു അതാണ് പ്രമാദം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ അറിയുന്നത് അതിന് വിരുദ്ധമായ കാര്യങ്ങൾ പ്രവർത്തിക്കുക വിവശനായി പ്രവർത്തിച്ചു പോവുക അതിനാണ് പ്രമാദം എന്ന് പറയുന്നത് ഈ പ്രമാദം അന്ധക്കരണം ഉള്ളിടത്തോളം കാലം ഉണ്ടാവുക എത്ര വലിയ ആളായാലിച്ച് അലുപ്പച്ചെറുപ്പമൊന്നും അല്ലെങ്കിൽ സീനിയർ ജൂനിയർ ഭേദമൊന്നും അവിടെ അന്ധകരണമുണ്ടോ അവിടെ പ്രമാദം സംഭവിക്കും അതിന് ഏറ്റക്കുറച്ചിലാണ് പക്ഷെ അതുണ്ടായിക്കൊണ്ടേ ർക്ക് ജയിക്കാൻ പറ്റും ആരാണോ ഈ അന്ധകരണത്തെ തന്നെ നശിപ്പിക്കുന്നത് അവന് അന്ധകരണത്തെ നശിപ്പിക്കുന്നവനാണ് യോഗി എന്ന് പറയുന്നത് ആ യോഗിക്ക് അണപ്രമത്തനായി പ്രമാദവർജിതനായി സമാധാനം പ്രതി നിത്യം യത്നവാൻ സമാധിക്ക് വേണ്ടി സമാധി തന്നെ സമാധി അതിനു വേണ്ടിട്ട് സദാ യജ്ഞിച്ചുകൊണ്ടിരിക്കുന്നവൻ അപ്പോൾ എപ്പോൾ യഥ പ്രവൃത്ത യോഗവും ഭവതി അവൻ യോഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇന്ദ്രിയ നിഗ്രഹ രൂപത്തിലുള്ള ആ യോഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇത് സാമർഥ്യാതകം ഇത് ഈ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാം ഈ പറയുന്നത് യോഗത്തെക്കുറിച്ചാണ് ആരാണോ പുസ്തകം വായിച്ചെന്ന് യോഗം ആവത്തില്ല പുസ്തകം വായിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് യോഗം യോഗം പരിശീലിക്കുന്നവൻ വൃത്തി നിരോധത്തെ ശീലിക്കുന്നവൻ അവൻ പ്രമാദ വർജിതനായിരിക്കും അവന് സംഭവിക്കാൻ പ്രമാദം സംഭവിക്കേണ്ട കാരണങ്ങൾ നേരത്തെ പറഞ്ഞു ബാഹ്യഅന്ധക്കരണ ബാഹ്യ അന്ധകരണങ്ങളെല്ലാം അവൻ നിരോധിച്ചു കഴിഞ്ഞു പിന്നെ പ്രമാദം സംഭവിക്കാൻ ഇടയില്ലാത്തതുകൊണ്ട് പ്രമാദം സംഭവിക്കുന്നില്ല അത് ഒന്നുകൂടി വിശദീകരിക്കുകയാണ് പ്രമാദ സംഭവോസ് ബുദ്ധിയാതി ചേഷ്ടഭാവേ ബുദ്ധ്യാദികളുടെ ചേഷ്ട പ്രവർത്തനം അഭാവേ അതില്ലാതിരിക്കേ പ്രമാദ സംഭവോ നാസ്തി പ്രമാദം സംഭവിക്കത്തില്ല ബുദ്ധിയാദികൾ എന്ന് വെച്ചാൽ അതിൽ നിന്ന് തന്നെ മനസ്സിലാകാം ബുദ്ധിയാദികൾ ചേഷ്ഠിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രമാദം സംഭവിക്കാം അതിനുള്ള ഒരു സാധ്യതയുണ്ട് വിവേകം കൊണ്ട് എത്രമാത്രം നിയന്ത്രിച്ചാലും അപ്പോഴെല്ലാം അവിടെ ഒരു സാധ്യത കിടക്കും ആ നിയന്ത്രണങ്ങളെല്ലാം പൊട്ടിച്ചു പോകുന്ന ഒരു സാധ്യത അതുകൊണ്ട് ഞാൻ അപ്രമാതൃത്വം ഒരാൾക്കും അവകാശപ്പെടാൻ പറ്റില്ല എന്നുവെച്ചാൽ ഞാൻ പരിശുദ്ധനാണെന്ന ആർക്കും അവകാശപ്പെടാൻ പറ്റത്തില്ല ആ അവകാശപ്പെടുന്ന ബുദ്ധി ഉള്ളിടത്തോളം കാണും ആ പരിശുദ്ധി ഒരാൾക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല നിർവ്യാജമായി അവകാശപ്പെടാൻ പറ്റില്ല അത് വളരെ സാമാന്യക്തി കൊണ്ട് ഞാൻ മനസ്സിലാക്കാം ബുദ്ധി എന്ന് പറയുന്നത് രാജസ താമസ സാത്വിക സ്വഭാവത്തോടുകൂടിയതാണ് എത്ര പരവമായ സാത്വികാവസ്ഥയിലെത്തിയാലും അവിടെ രാജസ താമസ ദേശം ഉണ്ടായിരിക്കും അത് പ്രമാദത്തെ ഉണ്ടാകും അതുള്ളിടത്തോളം കാലം ആ താമസ രാജസഭാവം കൊണ്ട് ആധിക്യമനുസരിച്ച് പ്രമാദം കൂടിയിരിക്കും അത് കുറഞ്ഞിരുന്നാൽ പ്രമാദം കുറഞ്ഞിരിക്കും അതുകൊണ്ട് അത് പ്രമാദം സംഭവിക്കാതിരിക്കണം വീഴ്ചകൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ ബുദ്ധി ആദി ചേഷ്ടാഭാവി ഭാഷകാലം പറയുകയാണ് ബുദ്ധി ആദികളുടെ ചേഷ്ട പ്രവൃത്തി ഇല്ലാതിരിക്കണം എന്നാൽ പിന്നെ അവിടെ പ്രമാദം സംഭവിക്കായിരിക്കും അതായത് ഞാൻ സ്വയം പറയുന്നതെന്ന് ഇവിടെ അപ്രമാദത്തെ വിധിക്കുകയാണ് പ്രമാദങ്ങൾ ഇല്ലാത്തവനായിത്തീരണമെന്ന് എപ്പോഴാണോ അത് പ്രമാദങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളപ്പോഴാണ് പറയുന്നത് പ്രമാദമില്ലാത്തവനായിരിക്കണം എന്ന് പറഞ്ഞ ബുദ്ധിയും കരണങ്ങളും എല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ മുക്തനോടല്ല ഇത് പറയുന്നത് മുക്തന്റെ കാര്യം ഇവിടെ വിഷയമല്ല അവിടെ നമ്മൾ ഈ ചർച്ചയിൽ മുക്തന്മാരെ കൊണ്ടുവരരുത് അവരെ വിട്ടയ്ക്കുക ചർച്ചയല്ല സാധകന്മാരെ സംബന്ധിച്ചാണ് അതാണ് തസ്മ അതൊന്നുകൂടി വിശദീകരിക്കുകയാണ് പ്രാഗേവ ുദ്ധ്യാദി ചേഷ്ഠ ഉപരമാ ബുദ്ധിയാദികളുടെ ചേഷ്ടകൾ എല്ലാം ഉപരമിച്ച ഒരു അവസ്ഥയുണ്ടെന്ന് അതിനു മുമ്പ് സാധകാവസ്ഥയിൽ സാധകൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അപ്രമാദോ വിധിയതേ അപ്രമാദത്തെ വിധിക്കുകയാണ് ശ്രുതി അപ്രമാദനായിരിക്കുക പ്രമാദവർജിതനായിരിക്കുക അതിനുവേണ്ടി നിൽക്കുക എന്നാണ് അതിനുവേണ്ടി പരിശ്രമിക്കുക പ്രമാദം ഉള്ളിടത്തെ പരിശ്രമത്തിന്റെ ആവശ്യം വരുന്നുള്ളൂ അപ്പൊ പ്രമാദം സംഭവിക്കുന്നിടത്ത് വീഴ്ചകൾ സംഭവിക്കുന്നിടത്ത് അതിനെ പരിഹരിക്കാൻ ശ്രമിക്കണം അത് കേവലം വിവേകം കൊണ്ട് മാത്രമല്ല അഭ്യാസം കൊണ്ട് ഈ ബുദ്ധി ആദികളുടെ ചേഷ്ടകളെയെല്ലാം അവസാനിപ്പിച്ച് അല്ലെങ്കിൽ ആ കൂടെ ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് യോഗശാസ്ത്രത്തിൽ പറയുന്നത് യോഗയിൽ അപ്രമാ യോഗയിൽ പ്രമാദം സംഭവിക്കുന്നില്ല എന്ന് യോഗയിൽ പ്രമാദം സംഭവിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള ഒരു മുക്തൻ ഒരു യോഗി അങ്ങനെ വ്യവഹാരത്തിൽ വരുന്നു വ്യവഹരിക്കണമെങ്കിൽ അവിടെ ചിത്തം വേണമെന്നോ അതിന് യോഗികൾ പറയുന്നത് നിർമ്മാണ ചിത്തം യോഗി സ്വേച്ഛയ ഇവിടെ അദ്വൈതികൾ പനി പ്രാരബ്ധു പ്രാരം കൊണ്ട് പ്രവർത്തിക്കുന്നു പറയുന്ന യോഗി പറയുന്നത് എന്താണ് ഒരു നിർമ്മാണ ചിത്രത്തെ ഉണ്ടാക്കുന്നു ആ നിർമ്മാണ ചിത്തത്തെ ആശ്രയിച്ച് യോഗി പ്രവർത്തിക്കുന്നു പ്രമാദമില്ലാതെ ഒരു ജീവനിൽ അനാദിയായിരുന്ന ആ ചിത്രത്തെ പൂർണ്ണമായും നിരോധിച്ചു കഴിഞ്ഞു പക്ഷെ വീണ്ടും പ്രവർത്തിക്കുന്നതിന് വേണ്ടി സ്വസങ്കല്പം കൊണ്ട് നിർമ്മാണ ചിത്രത്തെ ഉണ്ടാക്കി ആ ചിത്തം കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ എന്തുകൊണ്ട് പ്രമാദം സംഭവിക്കുന്നില്ല അത് സ്വേച്ഛാധീനമായതുകൊണ്ട് തനിശ്ചിക്കുന്നതേ അവിടെ നടക്കത്തുള്ളൂ അതുകൊണ്ട് പ്രാരബ്ധെന്ന അങ്ങനെയല്ല സ്വേച്ഛയ്ക്ക് വിധേയമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുകൊണ്ടാണ് പ്രാരബ്ധെന്ന് പേര് തന്നെ അതിന് വന്നത് അണ്ടും തമ്മിലെ വ്യത്യാസം പ്രാരബ്ധത്തിൽ സ്വേച്ഛയും പരേച്ചയും നടക്കും രണ്ടും നടക്കും പരേക്ഷയ്ക്കനുസരിച്ചും പ്രവർത്തിച്ചു നിർമ്മാണ ചിത്തത്തോടുകൂടി പ്രവർത്തിക്കുന്ന യോഗി അങ്ങനെയല്ല യോഗിയുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ് സൃഷ്ടിച്ചിരിക്കുന്നത് യോഗിയുടെ ഇച്ഛയെ അവിടെയാണ് തോള്ളൂ അതുകൊണ്ട് അവിടെ പ്രമാദം സംഭവിക്കുന്നില്ലാണത് ഇവിടെ പ്രമാദം വിധിക്കുകയാണെങ്കിൽ ശ്രുതി നീ പ്രമാദമില്ലാത്തവനായിരിക്കണം എന്ന് വിധിക്കുകയാണെങ്കിൽ അത് ആ സാധകാവസ്ഥയിൽ യോഗ പരിശീലന വേളയിൽ പ്രമാദം ഇല്ലാതെ പോകണം എന്നാണ് പറയുന്നത് അവിടെയും പ്രമാദങ്ങൾ വരാതെ സൂക്ഷിക്കണം അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത് യോഗിക്ക് യോഗ പരിശീലനത്തിൽ വ്യവഹാരം സാധ്യമല്ല എന്ന് പറയുന്നു അപ്പോൾ ഒരാൾ വ്യവഹാരം മധ്യത്തിൽ നിൽക്കുകയാണ് എന്നിട്ട് പറയുന്ന ഞാൻ യോഗാഭ്യാസം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കസായിരിക്കും യോഗമായിരിക്കത്തില്ല അത് പറ്റും സർക്കസും ഇതും കൂടെ പറ്റും യോഗ അതിന്റെ കാരണം അവിടെ വൃത്തി നിരോധിച്ചുകൊണ്ടേയിരിക്കണം വൃത്തിയുണ്ടോ വ്യവഹാരമുണ്ടോ വൃത്തി നിരോധിച്ചു കഴിഞ്ഞാൽ വ്യവഹാരം സ്വയമില്ലാതാകും പിന്നെ വിവഹരിക്കാൻ സാധ്യമല്ല ഒരു സാധകന് പോലും ശ്രദ്ധേണ്ട കാര്യമുണ്ടെന്ന് പറയുന്നത് യോഗമാർഗത്തിൽ ശരിയായ വ്യവർഗ പ്രവർത്തിക്കുന്ന ഒരു സാധകന് പോലും വൃത്തി വ്യവഹാരം തനി അപ്രത്യക്ഷമാകും അങ്ങനെ പരിശീലിക്കുന്ന യോഗികൾ അപൂർവമാണ് കാരണം ഇന്ന് യോഗം പരിശീലിക്കുന്നുണ്ടെങ്കിൽ ആ യോഗ പരിശീലനത്തോടൊപ്പം തന്നെ യോഗം പ്രചരിപ്പിക്കണം ശിഷ്യന്മാര് വേണം യോഗ കോഴ്സുകൾ ക്ലാസ്സുകൾ ഇതെല്ലാം മേണം യോഗിയുമായിരിക്കണം ഇതൊന്നും യോഗത്തിലില്ല യോഗം പരിശീലിക്കുന്നവന് യാതൊരു തരത്തിലുള്ള വ്യവഹാരവും സാധ്യമല്ല യോഗശാസ്ത്രത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തത്തിന് വിപരീതമാണത് കാരണം യോഗത്തിൽ വൃത്തികളെ നിരോധിക്കുന്നു പിന്നെ വ്യവഹാരമില്ല എന്തെങ്കിലും ഒരു വ്യവഹാരമുണ്ടെങ്കിൽ ഒരേ ഒരു വ്യവഹാരമേ എന്ന് പറയുന്ന ഒരു വ്യവഹാരം മാത്രമേ യോഗിയിൽ നിലനിത്തുള്ളൂ അവിടെ പരിശ്രമം മുഴുവൻ വൃത്തികളെ നിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ആ അവസ്ഥയിൽ അപ്രമാദം പ്രമാദം സംഭവിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത് ബുദ്ധിയാദി ചേഷ്ട ഉപരമാദികളുടെ ചേഷ്ട ഉപരമിക്കുന്നതിന് മുമ്പ് തന്നെ സനം പ്രാണായാമം പോലെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നത് ആ സമയത്തോ അതല്ല യോഗത്തിന്റെ ഒരു ചെറിയ തുടക്കം മാത്രം അവിടെ നിന്ന് യോഗത്തിലേക്ക് പ്രവേശിക്കുന്നില്ല അതൊന്നും ഇവിടെ പറയുന്ന പതഞ്ജലി മഹർഷി പറയുന്ന യോഗമാണ് യോഗമാണെങ്കിൽ ആ യോഗത്തിന്റെ ഏറ്റവും പ്രാഥമികമായ അവസ്ഥ മാത്രം അവിടെ നിന്നും വൃത്തി നിരോധത്തിന് വേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങളില്ല അവിടെ ശരീരം നന്നാവാനും മനസ്സിന്റെ ടെൻഷൻ കുറയ്ക്കാനും മാക്സിമം അത്രയും അഭ്യാസങ്ങളേ ഉള്ളൂ അതൊന്നും ഇവിടെ പറയുന്ന യോഗമല്ല അഷ്ടാംഗയോഗത്തിന്റെ അംഗങ്ങളൊന്നും തികയാത്ത യോഗമാണ് യോഗത്തിന്റെ അഷ്ടാംഗം എന്നല്ലേ പറയും അത് ഒരു അംഗമായി കഴിഞ്ഞാൽ അത് യോഗമാകത്തില്ല അത് വികലാംഗ യോഗമാണ് അതാണ് നമ്മൾ സ്വീകരിക്കുന്നത് വികലാംഗയോഗം അഷ്ടാംഗ യോഗമാണ് ഇവിടെ പറയുന്നത് അഷ്ടാംഗ യോഗത്തിന്റെ കാര്യമാണ് അപ്പൊ അവിടെ പറയുന്നത് എന്താണ് അപ്രമാദം വിധിക്കുകയാണ് അത് ശാസ്ത്രം വിധിക്കുകയാണ് അപ്രമാദം സംഭവിക്കാതിരിക്കണം എന്നത് അപ്പോ യോഗിക്ക സംബന്ധിച്ചിടത്തോളം ചിത്രവൃത്തി നിരോധം എന്ന് പറയുന്ന ഒറ്റ വ്യവഹാരമേ കാണത്തുള്ളൂ അപ്പോ അയാൾക്ക് ഗുഹയെ തന്നെ അവലംബിക്കേണ്ടി വരും ഇനി ഈ പറയുന്ന കാര്യം മറ്റൊരു തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം അടുത്ത ഭാഷകാരം പറയുന്ന അഥവാ യഥാ ഇന്ദ്രിയാണം തീമിവ നിരങ്കുശം അപ്രമത്വത്വം ഇത്യഥ അവിധേയത അപ്രമത്വം ഏതൊരു കാര്യത്തിനായാലും ശരി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ന്യൂനത വരും യോഗി ചിത്രവൃത്തി നിരോധത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആ യോഗിക്ക് ന്യൂനതകൾ സംഭവിക്കാം പ്രമാദം സംഭവിക്കാം അതുകൊണ്ട് അപ്രമാദനായിരിക്കുക എന്ന് പറയുന്നത് അതതിന്റെ പൂർണതയിലെപ്പോ സംഭവിക്കുന്നു അതാണ് പറയുന്നത് യഥായവ ഇന്ദ്രിയാണ് സ്ഥിരാധാരണം ഇന്ദ്രിയങ്ങൾക്ക് സ്ഥിരമായ ധാരണ വരുമ്പോ സമാധി പ്രാപിക്കുമ്പോൾ തദാനിയമേവ അപ്പോ നിരങ്കുശം അപ്രമത്വത്വം യാതൊരു പഴുതുമില്ലാത്ത അപ്രമത്വത്വം അപ്പോഴേ സംഭവിക്കത്തുള്ളൂ നിത്യത അതുകൊണ്ട് അഭിതീയതയുടെ ശ്രുതി പറയുന്നു വിധിക്കുകയല്ല സിദ്ധന് വിരിക്കാനൊന്നുമില്ല നീ അത് ചെയ്യണം ഇത് ചെയ്യണം നിനക്ക് പ്രമാദമില്ലാത്തവനായിരിക്കണം എന്നും സിദ്ധനോട് വിരിക്കാൻ ശാസ്ത്രവും അപര്യാപ്തമാണ് ശാസ്ത്രത്തിന് നമ്മളുടെ ശേഷിയില്ല അങ്ങനെ ഒരു പൂർണ്ണനായ യോഗിയോട് നിർദ്ദേശിക്കാനുള്ള പ്രാപ്തി ഒന്നും ശാസ്ത്രത്തിനില്ല അത് സാധകന്മാർക്ക് വേണ്ടിയുള്ളതാണ് അതിലൂടെ പറഞ്ഞു വിധീയതയെന്നല്ല അഭിധീയതയെ ആ പരമാർത്ഥത പറയുകയാണ് അവിടെ പിന്നെ ഉപദേശത്തിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല ശാസ്ത്രം അതിനെ പ്രതിപാദനം ചെയ്യുകയാണ് അപ്രമത്വ തഥാഭൂരി അപ്പൊ പ്രമാദമൊന്നുമില്ലാത്തവനായിരിക്കുന്നു അപ്പൊ പൂർണതയിലെത്തിയവന് പ്രമാദമില്ല എന്തുകൊണ്ട് പ്രമാദമില്ല അവിടെ ഇന്ദ്രിയധാരണ പൂർണ്ണമായും കൈവന്നു കഴിഞ്ഞു യോഗ ഭാഷയിൽ പറഞ്ഞാൽ അപ്രതിസംക്രമയായി അവന്റെ ബുദ്ധി ആ ബുദ്ധിയിൽ പിന്നീട് ഇന്ദ്രിയം വ്യാപാരം വിഷയം വ്യാപാരം ഒന്നും സംഭവിക്കുന്നില്ല അപ്പൊ അവിടെ പൂർണ്ണമായ അപ്രമാദം വരുന്നു മുക്തപുരുഷന് ജീവൻ മുക്തനെ അവരിൽ പ്രമാദം സംഭവിക്കുന്നില്ല മറിച്ച് ജീവൻമുക്തനോട് പറയല്ല നിനക്ക് പ്രമാദം ഉണ്ടാകരുതെന്ന് അവരിൽ അത് സംഭവിക്കുന്നില്ല എന്നാണ് ഈ പ്രമാദത്തെക്കുറിച്ച് എന്തുകൊണ്ടിങ്ങനെ പറയുന്നു കുത എന്തുകൊണ്ടിങ്ങനെ ഉപദേശിക്കുന്നു യോഗോഹി യസ്മാഭവ അപ്യയോ ഉപജന അപായധർമ്മക യോഗധർമ്മ എന്ന് പറയുന്നതിലും പ്രഭവവും അപ്യയവുമാണ് യോഗോഹി പ്രഭവാപ്യയോ പ്രഭവം എന്ന് പറഞ്ഞാൽ എന്താണ് ഉപജനം പൊതുവായി പറഞ്ഞാൽ സൃഷ്ടി അപ്യമെന്ന് പറഞ്ഞാലോ അപായം നാശം യോഗത്തിലുണ്ട് സൃഷ്ടിയും നാശവും സൃഷ്ടിപരമായും യോഗം പ്രവർത്തിക്കും നാശോന്മുഖമായും പ്രവർത്തിക്കും യോഗത്തിന്റെ പ്രത്യേകതയാണ് ഇത്യർത്ഥം അതാണ് എന്റെ താൽപ്പര്യം അധ അതുകൊണ്ട് അപായ പരിഹാരായ യോഗമാർഗത്തിൽ സഞ്ചരിക്കുന്നവന് ഈ അപായത്തെ ഒഴിവാക്കുന്നവന് പറഞ്ഞില്ല യോഗത്തിലുമുണ്ട് അത് സൃഷ്ടിപരമായും അപായപരമായും നാശപരമായും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിന്റെ അപായത്തെ നാശത്തെ ഒഴിവാക്കണം അതിനു വേണ്ടിയിട്ട് എന്താണ് അപ്രമാദ കർത്തവ്യ അപ്രമാദം ശീലിക്കണം അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ പ്രമാദമാണ് യോഗത്തിലെ നാശമെന്ന് പറയുന്നത് വീഴ്ചകൾ സംഭവിച്ചു പോവുക യോഗത്തിൽ അലംഭാവം വരിക കൃതാർത്ഥത തോന്നിപ്പോവുക ചരിതാർത്ഥം ചരിതാർത്ഥ്യം തോന്നുക അഭ്യാസങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ സംതൃപ്തനാകുക ഈ ചെയ്യുന്നത് മതി എന്ന് തോന്നിപ്പോവുക അലംഭാവം മതി എന്നുള്ള തോന്നുക അത് തോന്നിപ്പോവുക അത് വേണ്ടത്ര പരിശ്രമിക്കാതെ തന്നെ എത്തേണ്ടടുത്ത് എത്തിച്ചേരാതെ തന്നെ എല്ലാം പൂർണ്ണമായെന്നും മതിയായെന്നും തോന്നിപ്പോകുകലംഭാവം അവിടെ പ്രമാദം സംഭവിക്കും അത് യോഗത്തിന്റെ അപായമാണ് നാശമാണ് അതിന്റെ സൃഷ്ടി പ്രഭവം എന്ന് പറയുന്നത് എന്താണ് സദാ അതിനെ നിലനിർത്തിക്കൊണ്ടുപോവുക പരിശീലനം സാധന അഭ്യാസം അതിലംഭാവമില്ലാതെ നിരന്തരം അതിൽ തുറന്നുകൊണ്ടേയിരിക്കുന്നതാണ് പ്രഭവം അതിന്റെ സൃഷ്ടി എന്ന് പറയുന്നത് അത് യോഗത്തിൽ ഒന്നും വിടുന്നില്ല യോഗ മാർഗത്തിനൊന്നും വ്യതിചലിക്കുന്നില്ല അത് യോഗത്തിന്റെ ഒരു ധർമ്മമാണ് അതേ യോഗത്തിൽ തന്നെ അപായം ഒരുക്കുണ്ട് അതിന്റെ നാശം ഒരുക്കുണ്ട് അന്തക്കെണ്ണം രാജസ താമസ ഭാവങ്ങളിലേക്ക് പോകുമ്പോൾ യോഗത്തിൽ അപായം സംഭവിക്കുന്നു യോഗത്തിൽ വീഴ്ച വരുന്നു എല്ലാം മതി എന്ന് തോന്നിപ്പോകുന്നു മാർഗത്തെ വിസ്മരിച്ചു പോകുന്നു വിപരീത ദിശകളിലേക്ക് സഞ്ചരിക്കുന്നു ഇതൊക്കെയാണ് യോഗത്തിന്റെ അപായം സ്വാഭാവികമായിട്ടപ്പോൾ പ്രമാദങ്ങൾ സംഭവിക്കുന്നു വീഴ്ചകൾ സംഭവിക്കുന്നു വീഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് പിന്നെ യോഗത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ആയിരിക്കില്ല വീഴ്ചകളിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് അതായത് മുന്നോട്ട് നടക്കുന്ന ഒരാള് ഒരു കുഴിയിൽ വീണു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള നടത്തവിടെ അവസാനിച്ചു എന്ന് മാത്രമല്ല പിന്നെ കുഴിയിൽ നിന്ന് കരകയറുന്നതിനുള്ള പരിശ്രമം കൂടുതൽ വേണ്ടിയിരിക്കുന്നു വീണ്ടും കാലവിളമ്പം വരുന്നു യോഗിക്കും അതാണ് ഇവിടെ പറയുന്ന അപായം യോഗം അപായമുള്ളതാണോ പരിശ്രമത്തിൽ ന്യൂനത വന്നു കഴിഞ്ഞാൽ പ്രമാദ് സംഭവിക്കും പ്രമാദ് സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ വീഴ്ച അതുകൊണ്ട് വലിയ നഷ്ടം വരും യോഗം അവിടെ നഷ്ടപ്പെട്ടു പോകുന്നു അങ്ങനെ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അത് വേണം നിതാന്തമായ ജാഗ്രതയോടുകൂടി യോഗ മാർഗത്തെ പരിശീലിക്കുന്ന ഒരുവന് മാത്രമേ അതിന് മുന്നോട്ട് പോയി ലക്ഷ്യത്തിലെത്താൻ കഴിയത്തുള്ളൂ അത് വേണമെന്നാണ് കർത്തവ്യ എന്നാണ് ശ്രുതിയുടെ അഭിപ്രായം അതുകൊണ്ട് ലക്ഷ്യത്തിലെത്തുന്നതുവരെ ഒരുവന് നിരന്തരം പ്രമാദങ്ങൾ സംഭവിക്കാം എന്നുള്ള ബോധം വേണം ബോധത്തോടുകൂടി പരിശ്രമിക്കണം എന്നാണ് കാരണം അത് യോഗത്തിന്റെ തന്നെ ഒരു പ്രത്യേകതയാണ് യോഗത്തിന്റെ ധർമ്മം എന്നാണ് പറഞ്ഞത് സൃഷ്ടിയും നാശവും അതിന്റെ ധർമ്മമാണ് സൃഷ്ടിപരമായി പ്രവർത്തിക്കുമ്പോൾ യോഗി പുരോഗമിച്ചു അവിടെ ഒരു നമുക്കൊരു സംശയം വരും ഒരാൾക്ക് ആഗ്രഹമുണ്ട് നേരെ പോകണമെന്ന് പക്ഷെ അതുപോലെ പോകാൻ കഴിയുന്നില്ല പരവശനായി അവശനായി പതിച്ചു പോകുന്നു അങ്ങനെ വരുമ്പോ എന്തു ചെയ്യും മലപ്പൂർവം അപായം ഉണ്ടാകുന്നില്ല അപായം അറിയാതെ സംഭവിച്ചു പോകുന്നു അപ്പൊ അയാൾക്ക് യോഗമാർഗത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സാധനാ മാർഗത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെയും വേറെ വഴിയില്ല അഭ്യാസത്തെ തിട്ടപ്പെടുക്കുക എന്നുള്ളതല്ല വേറെ വഴിയില്ല അഭ്യസിക്കാനും കഴിയുന്നില്ലെങ്കിലോ വീണ്ടും ചോദിക്കും അഭ്യസിക്കാനും കഴിയുന്നില്ല ആഗ്രഹമുണ്ട് അഭ്യാസം തുടർന്നിരുന്നു പക്ഷെ വീണുപോകുന്നു അപ്പൊ ആ വീഴ്ചയിൽ നിന്ന് വീഴ്ച ഒഴിവാക്കുന്നതിന് അല്ലെങ്കിൽ വീഴ്ചയിൽ നിന്ന് കരകയറുന്നതിന് ഒരേയൊരു മാർഗമേ ഇവർ യോഗത്തിൽ നിർദ്ദേശിക്കുന്നുള്ളൂ നൈരന്തര്യമായ അഭ്യാസം അതേയോളൂ നിരന്തരമായ അഭ്യാസം തന്നെ തുടരുക അവിടെയും ചിലർ ചോദിക്കും അഭ്യസിക്കാനും കഴിയുന്നില്ലല്ലോ എന്നാ പിന്നെ ഒരു വഴിയേ ഉള്ളൂ വേറെ എന്തെങ്കിലും പണി നോക്കുക തമാശയായിട്ട് പറഞ്ഞില്ല പിന്നെ യോഗമാർഗം നമുക്ക് പറ്റിയതല്ല എന്നത് മുമ്പും അത് ചർച്ച ചെയ്തിട്ടുണ്ട് മൂഢമായ വിക്ഷിപ്തമായ മനസ്സിന് യോഗം സാധ്യമല്ല പറ്റത്തില്ല നിരുദ്ധമായ മനസ്സിന് ഏകാഗ്രമായ മനസ്സിനെ യോഗം സാധിക്കത്തുള്ളൂ അതുകൊണ്ട് പതഞ്ജലി മഹർഷിയും വ്യാസനുമെല്ലാം യോഗത്തിന്റെ ബാലപാഠങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ പറയുന്നു ആദ്യം നിങ്ങളിതിന് യോഗ്യനാണോ എന്ന് പരിശോധിക്കുക നിരവധി മാർഗങ്ങളുണ്ടല്ലോ യോഗം തന്നെ വേണോന്നൊരാൾക്ക് നിർബന്ധമുണ്ടോ ഉണ്ടെങ്കിൽ ആദ്യം തന്റെ അന്ധകരണത്തെ പരിശോധിക്കുക അതിൽ നിരുദ്ധഭാവം ഉണ്ടോ ഏകാഗ്രഭാവമുണ്ടോ എന്നാൽ ഈ യോഗമാർഗത്തിലേക്ക് കടന്നാ അത് വിക്ഷിപ്തമാണെങ്കിൽ മൂഢമാണെങ്കിൽ യോഗമാർഗം വേണ്ട മറ്റെന്തെല്ലാം വഴികളുണ്ട് കർമ്മയോഗം ഭക്തി അങ്ങനെ വേറെ ഏതെങ്കിലും വഴിക്ക് തിരിഞ്ഞാൽ മതി ഇതിലേക്ക് കിടക്കണ്ട യോഗം എന്ന് പറയുമ്പോ അത് അതിന് പ്രത്യേക യോഗ്യതയുള്ള മനസ്സിലെ അത് നടക്കത്തു അല്ലെങ്കിൽ നടക്കത്തില്ല അവിടെ നമ്മളോട് പ്രത്യേകിച്ച് ദയയും ദാക്ഷിണ്യം ഒന്നുമില്ല യോഗിക്കതില്ല യോഗ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നു ഇതാണ് ഇതിന്റെ സ്ഥിതി നിങ്ങൾക്കിത് പറ്റുമോ പറ്റുമെങ്കിൽ പോകുക അല്ലെങ്കിൽ ഇത് വിട്ടുകളയുക അതാണ് വഴി അപ്പൊ പിന്നെ എന്താണ് യോഗം വിടുക കർമ്മയോഗമോ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും യോഗമാർഗ്ഗത്തെ സ്വീകരിക്കുക അതും മാർഗമാണ് അതുകൊണ്ടിവിടെ പറയുന്ന എന്താണ് അപായ പരിഹാരമായ എന്തായാലും വേണം ഇതിന്റെ അപായത്തെ ഒഴിവാക്കണം വീഴ്ചകൾ ഒഴിവാക്കണം യോഗത്തിന്റെ നാശത്തെ ഒഴിവാക്കണം അതുകൊണ്ട് യോഗി യോഗമാർഗത്ത് സഞ്ചരിക്കുന്നവൻ നിരന്തരം ഒരു വീഴ്ചയും പറ്റാതെ കൊണ്ടേയിരിക്കണം അതാണ് ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് യോഗോഹി പ്രഭവാപ്യയോ സൃഷ്ടിപരമായും നാശോത്മുഖമായും പ്രവർത്തിക്കുന്ന ഒന്നാണ് യോഗം സൃഷ്ടിപരമായി തന്നെ കൊണ്ടുപോകണം കൊണ്ടുപോകണമെങ്കിൽ പ്രമാദം ഉണ്ടാകാതെ ഒരുങ്ങൾ നിരന്തരം പരിശ്രമിക്കണം എന്ന് ആ മന്ത്രം താം സ്ഥിരാം ഇന്ദ്രിയധാരണ ഈ പറഞ്ഞതായ സ്ഥിരമായ ഇന്ദ്രിയധാരണ അതിനെ തഥാ ആ ഇന്ദ്രിയ പ്രതിഷ്ഠയിൽ അപ്രമത്തഭവതി യോഗി അപ്രമത്ത പ്രമാദമില്ലാത്തവനാകുന്നു എന്തുകൊണ്ടെന്നാൽ യോഗ പ്രഭവ അപ്പേയു യോഗം ഉത്പത്തിനാശങ്ങളോടുകൂടിയതാണ് ഇത് ശ്രുതി നമ്മളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത് ഒരാൾ യോഗ മാർഗത്തിൽ സഞ്ചരിക്കുന്നു അതുകൊണ്ട് താൻ കൃതാർത്ഥനായി എന്ന് ആരും കരുതരുത് എന്നാണ് സാധനമാർഗത്തിൽ സഞ്ചരിക്കുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് കരുതരുത് ഇതിനുമുണ്ട് സൃഷ്ടിക്കുന്ന ആശ്രമം എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സാധകന്മാരും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് പ്രഭവാപ്യങ്ങളോടുകൂടിയതാണ് ജാഗ്രത നിരന്തരം വേണ്ടതാണ് എന്ന് കാണിക്കുകയാണ് തനിക്കിനിയൊന്നും സംഭവിക്കില്ല എന്ന ഒരു സന്ദർഭത്തിന് ആരും ഒരിക്കലും കരുതാൻ പാടില്ല എന്ത് സംഭവിക്കാം അപ്പോൾ ആ യോഗമാർഗത്തെ ഇവിടെ കാരണം എല്ലാ മാർഗങ്ങളുടെയും മൂലഭൂതയായിരിക്കുന്ന ശ്രുതിയാണ് ശ്രുതിയിൽ നിർദ്ദേശിച്ച് തന്നെയാണ് ആചാര്യന്മാര് വികസിപ്പിച്ചെടുത്തത് ഇവിടെ ശരിക്കുമുള്ള യോഗമാർഗത്തിന്റെ സൂക്ഷ്മമായ ഭാവങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിരിക്കുക വീണ്ടും ആ തത്വപ്രതിപാദനത്തിലേക്ക് വരികയാണ് അടുത്ത മന്ത്രത്തിൽ ബുദ്ധ്യുപരമേ ചരണഭാ അനുപലഭ്യമാൻസ് വിപരീതം അസ അനർത്ഥകോ അനുപലഭ്യമാനവാദ്സ്ാപ് ഇതരിധനങ്ങളുമെല്ലാം ഒരു അധിഷ്ഠാനത്തിലാണ് നടക്കുന്നത് പിന്നെ ഇതുകൊണ്ടെല്ലാം പ്രാപിക്കപ്പെടേണ്ടതായ ഒരു വസ്തു അതുണ്ടാകണം സാധ്യത്തിൽ ഉറപ്പുണ്ടെങ്കിൽ സാധനയിൽ ഒരാൾ പ്രവർത്തിക്കത്തുള്ളൂ ഈ സർവാധാരമായി ബ്രഹ്മവസ്തു എന്നൊന്നില്ലെങ്കിൽ പിന്നെ ഈ സാധനകളെല്ലാം വ്യത്ഥമാണ് സാധകന്റെ മനസ്സിൽ ഉറപ്പിക്കണം ഇതൊരു പാഴ്വ്യേലയല്ല ഒരു ജീവൻ സർവവും തിരിച്ചിട്ട് ഇതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് ഈ പരിശ്രമം അബദ്ധമാവും അതിന്റെ മനസ്സിൽ ചിലപ്പോഴെങ്കിലും സംശയമുണ്ടാവും ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് സ്വന്തം അതായത് സഹജമായ വാസനയ്ക്കും വികാര വിചാരങ്ങൾക്കൊക്കെ അനുസരിച്ച് മനുഷ്യനെ ജീവിച്ച ഇങ്ങനെ ഒരു വഴിയിലേക്ക് എന്തിന് പ്രവർത്തിക്കണം എന്ന് ആ മാർഗത്ത് ചരിക്കുന്നവരും ചിന്തിക്കും അതുകൊണ്ട് വീണ്ടും ശ്രുതി ഓർമ്മിക്കുകയാണ് ഇത് സഫലമായ പ്രവൃത്തിയാണ് ഇതൊരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാണ് ഇതിനെല്ലാം ആധാരമായിട്ട് ആ പരമാത്മവസ്തു നിലനിൽക്കുന്നുണ്ട് അത് ഈ വ്യവഹാര അവസ്ഥയിൽ തന്നെ അനുഭവസിദ്ധവുമാണ് എന്നുള്ള കാര്യങ്ങളാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത് അത് ശ്രുതിയുടെ ഒരു ശൈലി അതാണ് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയുന്നതായിട്ട് നമുക്ക് തോന്നും അങ്ങനെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് സാധകന്റെ മനസ്സിൽ നിരന്തര സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പലതരത്തിലുള്ള സംശയങ്ങൾ അത് തന്റെ അസ്തിത്വത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള സംശയങ്ങൾ വരും അപ്പൊ ആ സംശയങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി വീണ്ടും മറ്റൊരു തരത്തിൽ സംശയം വരുമ്പോ ഒരേ കാര്യത്തെ തന്നെ വേറൊരു തരത്തിൽ അവതരിപ്പിക്കുക അല്ല ഒരാൾ സാധനാ മാർഗത്തിൽ സംശയങ്ങൾ എല്ലാം തീർന്നു എന്ന് കരുതാന്ന് പ്രവർത്തിക്കുന്നു ബുദ്ധിയാദി ചേഷ്ടാവ വിഷയം ചെയ്ത് ബ്രഹ്മ ബുദ്ധിയാദികളുടെ പ്രവൃത്തിക്ക് വിഷയമാണ് ഈ ബ്രഹ്മ കാരണം ബ്രഹ്മ എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാൽ അത് സ്പഷ്ടമോട്ട് അല്ലതാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പറയേണ്ടി ഒരു ഇത് നമ്മുടെ അറിവിന് വിഷയമായിരിക്കുന്ന ഒരു കാര്യമാണ് അല്ല എങ്ങനെ ഇത് ചർച്ചയ്ക്ക് വിഷയമാവും ഇല്ലാത്ത ആജ്ഞീയമായ ഒരു വസ്തു നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല അന്യേയമായൊരു വസ്തുവിന് അജ്ഞയം എന്ന ഒറ്റ വാക്കുകൾ ഒതുക്കാനേ പറ്റൂ ഇതങ്ങനെയല്ല ഇതിന്റെ വിവിധ ഭാവങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാണ് സാധ്യതയെ കുറിച്ച് സാധനങ്ങളെ കുറിച്ച് എല്ലാം ചർച്ച ചെയ്യാണ് ചേഷ്ട വിഷയം ചെയ്ത് അങ്ങനെ ഇത് നമ്മുടെ ചർച്ചക്ക് വിചാരത്തിന് വിഷയമാകുന്നുണ്ടെങ്കിൽ ഇതം തതി വിശേഷതോ ഇതാണ് ബ്രഹ്മം എന്ന് നമ്മൾ വിശേഷിച്ച് ഗ്രഹിക്കേണ്ടതാണ് ഇതിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരുവനും ഇതായിട്ട് ഇതിനെ എനിക്ക് സാക്ഷാത്കരിക്കണമെന്ന് അറിഞ്ഞ് അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു ഏതെങ്കിലും തരത്തിൽ വിശിഷ്ടമായ ഒരു ഫലം ഒരു പർവ്വതത്തിലുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സാക്ഷാത്കരിക്കിട്ടില്ല അറിഞ്ഞു പിന്നെ അത് നേടുന്നതിനു വേണ്ടി അവിടേക്ക് തിരിക്കുന്നു വളരെ ക്ലേശിച്ച് പർവ്വതത്തിൽ കയറി ആ ഫലം എടുക്കുന്നു എന്തെങ്കിലും ഒന്ന് അതുപോലെ ഒരു വസ്തുവിന് ഇന്നതാണെന്ന് അറിഞ്ഞ് ഉറപ്പുവരുത്തിയാൽ ഒരാൾക്ക് അത് പ്രവർത്തിക്കാൻ പറ്റും അപ്പൊ ഇതിനെ അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇപ്പൊ ഗ്രഹിക്കണം എങ്ങനെ ഈ ബുദ്ധിയാദികളിലൂടെ നമ്മൾ ഗ്രഹിക്കണം ബുദ്ധിയാതി ഉപരമിച്ച ഇനി ബുദ്ധിയാദികൾ വിരമിച്ചു കഴിഞ്ഞാലോ യോഗത്തിന്റെ വഴി എന്ന് പറയുന്നത് ഇതിനെയൊക്കെ നശിപ്പിക്കുക നിരോധിച്ചു കളയുകയാണ് ഗ്രഹണ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്രഹ്മത്തെ പിന്നെ അറിയുന്നതിനുള്ള ഉപകരണങ്ങളെല്ലാം നഷ്ടപ്പെടും ഇപ്പം ബ്രഹ്മത്തെ അറിയുന്നതുകൊണ്ടാണല്ലോ അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് അറിയാത്തതിനു വേണ്ടി ഇങ്ങനെ പരിശ്രമിക്കും ഇപ്പൊ എന്തുകൊണ്ടറിയുന്നു ബുദ്ധിയെ മറ്റും ഉപയോഗിച്ച് പക്ഷേ നിരോധത്തിൽ എന്ത് സംഭവിക്കുന്നു ഇതെല്ലാം നശിക്കുന്നു ഇത് നശിച്ചു കഴിഞ്ഞാൽ അനുപലഭ്യമാനം പിന്നെ ഇതിനെങ്ങനെ അറിയാൻ പറ്റും പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് കൽപ്പിക്കാൻ എന്താണ് നാസ്തീപ ബ്രഹ്മ ഇങ്ങനെ ഒന്നില്ല കർണങ്ങളിലൂടെ അറിയുന്ന ഒന്ന് ആ കർണങ്ങൾ ഇല്ലാതായിക്കഴിഞ്ഞാൽ അറിയുന്നതിനുള്ള ഉപകരണങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അതുണ്ടാകും എന്നുള്ളതിനെന്താ പ്രമാണം എന്നാണ് അതായത് നമ്മളിപ്പോൾ കണ്ണുകൊണ്ട് കേൾക്കുന്നു ചിവി കൊണ്ടറിയുന്നു സാധാരണ വിഷയങ്ങൾ തന്നെ ഇതിന്റെ അസ്തിത്വത്തിന് പ്രമാണമെന്താണ് നമ്മളിതിനെ അറിയുന്നു എന്നുള്ളത് ഇന്ന് ഈ വസ്തുവിടെ ഉണ്ട് എന്നുള്ളത് പ്രമാണമായിരിക്കുന്ന എന്താണ് നമ്മളിതിനെ അറിയുന്നു നമ്മൾ ഇതിനെ അറിയാൻ ഉപയോഗിക്കുന്ന നമ്മുടെ കർണങ്ങളാണ് നമ്മളോട് പറയുന്നത് ഇതൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഈ കർണങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വസ്തുക്കൾ ഇവിടെ ഉണ്ട് എന്നാരും പറയും ഇവയുടെ അസ്തിത്വത്തിനെ പ്രമാണീകരിക്കുന്നതിന് പിന്നെ മറ്റെന്താ ഉള്ളത് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ലല്ലോ വീണ്ടും ഇതെങ്ങനെ ഇവിടെ ഉണ്ടാവും എന്തിനെ ആശ്രയിച്ചു നിലനിൽക്കുന്നു ഇപ്പോ അറിയുന്ന സമയത്ത് ഇതിന്റെ നിലനിൽപ്പ് നമ്മുടെ അറിവിനെ ആശ്രയിച്ചാണ് അറിയുന്നതിന് കർണങ്ങൾ വേണം കർണങ്ങൾ നശിക്കുന്നു അറിവില്ല പിന്നും ഇത് നിലനിൽക്കുന്നു പിന്നീടും ഇതിന് ഒരസ്തിത്വം ഉണ്ട് ആര് എങ്ങനെ പ്രമാണീകരിക്കും അതിന് എന്തിനെ ആശ്രയിച്ചത് നിലനിൽക്കുന്നു ഒരാൾ ചിന്തിക്കുകയാണ് അങ്ങനെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ് യഥി കരണഗോചരം കരണത്തിന് വിഷയമായിരിക്കുന്ന ഒന്ന് എന്നുവെച്ചാൽ കാണാനോ കേൾക്കാനോ മണക്കാനോ രുചിക്കാനോ സ്പർശിക്കാനോ കഴിയുന്ന ഒന്ന് തത് അസ്ഥിതി പ്രസിദ്ധ അതുകൊണ്ട് തന്നെ ലോകർ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഏതെങ്കിലും തരത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ വിപരീതം ജാസ ഇങ്ങനെ അറിയുന്നില്ലെങ്കിൽ അതിനാണ് നമ്മൾ ഇല്ലാത്തതെന്ന് പറയുന്നത് നമുക്ക് കാണാനും കേൾക്കാനും ഒന്നും കഴിയാത്ത ഒന്ന് അത് അസത്താണ് ശൂന്യമാണ് ഇല്ലാത്തതാണ് ഇപ്പൊ യോഗത്തിനും അതുതന്നെ സംഭവിക്കും നമ്മളിപ്പോ ബ്രഹ്മത്തെ അറിഞ്ഞിട്ട് അതിന്റെ പ്രാപ്തിക്ക് വേണ്ടി യോഗമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു ആ സഞ്ചരിക്കുമ്പോൾ യോഗം എന്ത് ചെയ്യുന്നു ഈ അറിവിന്റെ കർണങ്ങളെയെല്ലാം നശിപ്പിക്കുന്നു പിന്നെ ഈ ബ്രഹ്മ ഇവിടെ നിൽക്കും നിത്യദേശ അനർത്ഥ പോ യോഗ അതുകൊണ്ട് ഈ യോഗ അഭ്യാസം ഇതെല്ലാം അനർത്ഥകമാണ് സാർത്ഥകമല്ല പുരുഷാർത്ഥത്തെ നൽകുന്നതല്ല വ്യർത്ഥമായ പ്രവൃത്തിയാണ് എന്നൊരാൾക്ക് എന്തുകൊണ്ട് ന്യായമായും സംശയിച്ചുകൂടാ അനുപലബിമാനത്വസ്തി ഉപലബ്ധി അല്ല ഇനി മറിച്ച് വേറെ രീതിയിലും പറയാം ചിന്തിക്കുകയാണ് ഇത് സാക്ഷാത്കൃതമാണെങ്കിൽ സാക്ഷാത്കരിക്കപ്പെട്ടാണെങ്കിൽ പിന്നെ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഇത് അറിയുന്നില്ല വാസ്തവത്തിൽ നമുക്ക് ബ്രഹ്മത്തെക്കുറിച്ച് യാതൊരു അറിവും ഈശ്വരനെ കുറിച്ച് യാതൊരു ബോധവും ഇതില്ല എന്ന് തന്നെ കരുതണം നാസ്തി ഉപലബ്ധവ്യം ഇല്ല എന്ന് കരുതുന്നതാണ് കൂടുതൽ ഭംഗി ഉണ്ടെങ്കിൽ പിന്നെ സാക്ഷാത്കരിക്കാൻ വേണ്ടി അറിയുന്നുണ്ടെങ്കിൽ പരിശ്രമിക്കേണ്ട കാര്യം പരിശ്രമിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഇതിന്റെ സാക്ഷാത്കാരം പ്രത്യക്ഷം നമുക്കില്ല എന്നുള്ളത് ഈ അറിവിന് ഇപ്പോ പ്രത്യക്ഷസിദ്ധമായിരിക്കുന്ന ഈ അറിവിന് നമ്മൾ ഇനി മറ്റൊരു സാക്ഷാത്കാരത്തിനു വേണ്ടി ശ്രമിക്കുകയാണ് നിലവിലുള്ള സാക്ഷാത്കാരത്തെ വിട്ടിട്ട് അത് അബദ്ധമൊന്നാണ് ഇപ്പോഴത്തെ സാക്ഷാത്കാരം എന്താണ് ഇതില്ലെന്നാണ് ഉണ്ടെങ്കിൽ പിന്നെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കേണ്ടത് അതുകൊണ്ട് നാസ്തി ഉപലബ്ധവ്യം ബ്രഹ്മ ഇതില്ല കരുതണം വിത്യേകം പ്രാപ്തി ഇത്തരത്തിലുള്ള സംശയങ്ങൾ മനസ്സി വരുന്നു വിചാരം ചെയ്യുന്ന ഒരു സാധകനും ഇതമുച്ചു പറയുന്നു സത്യം നിങ്ങൾ പറയുന്നതിൽ കുറെ സത്യം ഉണ്ട് അതാണ് സത്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണ സത്യം ഒന്നല്ല അർദ്ധാംഗീകാരം ചോദ്യകർത്താവിന്റെ സംശയത്തെ ഭാഗികമായി അംഗീകരിച്ചുകൊണ്ട് സമാനം പറയുന്ന രീതി അർദ്ധാംഗീകാരത്തെ പറയുന്ന സത്യം നിങ്ങൾ സംശയിച്ചതിൽ കുറെ ന്യായമുണ്ട് പൂർണമായും ശരിയാണ് എന്നാണ് അടുത്ത മന്ത്രം പറയുന്നത് അതിനുവേണ്ടി അടുത്ത മന്ത്രത്തെ വിശദീകരിക്കുകയാണ് യോഗമതി മയന്യധാരണ അപ്രമഗസ്ത യോഗോ ഹി പ്രഭവാചാ മനസാ പ്രാ സോന ചുഷാ അസ്ഥീതി ഭ്രവതോന്യത്ര കഥം തതുപ ലഭ്യതേ ഇവിടെ ശിഷ്യന്റെ രണ്ട് സംശയത്തെ അംഗീകരിക്കുകയാണ് നമ്മൾ മറ്റു തരത്തിനുമുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇത് അനുഭവപ്പെടുന്നുണ്ടോ ഉണ്ടെന്നും പറയാം ഇല്ലെന്നും പറയാം ഉണ്ടെന്ന് പറഞ്ഞാലും സത്യമാണ് ഇല്ലെന്ന് പറഞ്ഞാലും സത്യമാണ് അതാണ് അർദ്ധസത്യമൊന്നും നേരത്തെ പറഞ്ഞു അനുഭവപ്പെടുന്നില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു അതിനടുത്ത ഭാഷകാരൻ പറയുന്നത് ന മനസ നക്ഷഷ ന അനേരവി ഇന്ദ്രിയൈ പ്രാപ്തും ശക്യതേ ഇത്യർത്ഥ അതായത് ഇതിനെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരുവന് അബോധമായിട്ടെങ്കിലും അവന്റെ ഉള്ളിലൊരാഗ്രഹം കാണും എന്താണ് കാരണം സാക്ഷാത്കാരം പ്രത്യക്ഷം അവന് പരിചയമുള്ളത് ഇന്ദ്രിയങ്ങളിലൂടെയുള്ള സാക്ഷാത്കാരമാണ് അതല്ലെങ്കിൽ മനസ്സിലൂടെയുള്ള ഭാവന ഈ തരത്തിലാണ് പ്രത്യക്ഷം അല്ലെങ്കിൽ സാക്ഷാത്കാരം അനുഭവം ജീവനുള്ളത് ്രഹ്മത്തിന്റെ സാക്ഷാത്കാരത്തിൽ നിന്നും അവൻ പ്രതീക്ഷിക്കുന്നത് ഇതിലേതെങ്കിലൊന്നാണ് സാക്ഷാത്കരിക്കുക പറയൂലോ ദൈവത്തെ നേരിട്ട് കാണുക കാണുക എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ളത് ഇന്ദ്രിയങ്ങളിലൂടെയുള്ള കാണലാണ് അപ്പൊ ഇതുപോലെയുള്ള ഇതല്ലെങ്കിൽ ഇതിന് സമാനമായൊരു കാണൽ അതിനപ്പുറം കുറച്ചുകൂടി ബുദ്ധിയുള്ളവന് ചിന്തിക്കാവുന്ന എന്താണ് മനസ്സുകൊണ്ടുള്ള ഒരു ഭാവന നമ്മൾ കാണാത്ത പ്രത്യക്ഷമായി കാണാത്ത വിഷയങ്ങളെയും മനസ്സുകൊണ്ട് ഭാവന ചെയ്യാറുണ്ടല്ലോ പരിചയമില്ലാത്ത വ്യക്തികള് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളെല്ലാം ഭാവനയിലൂടെ കാണാറുണ്ട് അപ്പോൾ ഭാവനാത്മകമായ സാക്ഷാത്കാരം അല്ലെങ്കിൽ സേന്ദ്രീയ സാക്ഷാത്കാരം ഈ രണ്ട് തരത്തിലെ സാക്ഷാത്കാരങ്ങളെ ഒരു ജീവന് അവന്റെ സങ്കല്പത്തിലുള്ളൂ ഈ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിനാണ് ബ്രഹ്മത്തിന്റെ സാക്ഷാത്കാരം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നമ്മൾ ഊഹിക്കുന്നു നമ്മൾ സാക്ഷാത്കരിച്ച അതിങ്ങനെ ആയിരിക്കും അതൊരു ഭാവനയായിരിക്കും ഒരു കല്പനായിരിക്കും സച്ദാനന്ദത്തിന്റെ കൽപ്പന അത് ശരിയല്ല അത്തരത്തിലൊന്നുമുള്ള ഒരു സാക്ഷാത്കാരമല്ല ഇവിടെ ഉള്ളത് ഇന്ദ്രിയങ്ങളിലൂടെയുള്ള ഒരു സാക്ഷാത്കാരമല്ല അതാണ് നൈവവാച മനസ്സ മാനസികമായ ഭാവനാത്മകമായൊരു സാക്ഷാത്കാരമല്ല ന ചക്ഷുഷ ഇന്ദ്രിയങ്ങളെല്ലാം പ്രധാനമായി സാക്ഷാത്കാരത്തിന് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് വിഷയ സാക്ഷാത്കാരത്തിന് സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചക്ഷുഷ അതുകൊണ്ട് തന്നെ എടുത്തു പറഞ്ഞു ചക്ഷുഷ പിന്നെ നമുക്ക് അപ്രാപ്തമായിരിക്കുന്ന ഏത് സാക്ഷാത്കാരത്തെയും നമുക്ക് സാധിച്ചു തരുന്ന ഒന്നാണ് വാക്ക് വാക്കിലൂടെ ആർക്കും എന്തിനേയും സാക്ഷാത്കരിക്കാം പറയുന്നതിന് പ്രത്യേകിച്ച് ദണ്ണമുള്ള കാര്യമല്ല നമ്മൾ അതിനും നിഷേധിക്കുന്നു ഇത് വാക്കിലൂടെയുള്ള സാക്ഷാത്കാരമല്ല മനസ്സിലൂടെ ഭാവനാത്മകമായിട്ടുള്ളതല്ല രൂപ രസങ്ങളെ അനുഭവിക്കുന്നത് പോലെയുള്ള അല്ല അതാണ് ചക്ഷുഷ നാവി അന്യരവി ഇന്ദ്രേ ഹി പ്രാപ്തം ശക്രൈ നമ്മൾ ഒരിക്കലും ധരിച്ചു കളയരുത് നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ നിരന്തരം നമ്മൾ വിഷയങ്ങളെ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇതിന് സമാനമായതോ ആയൊരു സാക്ഷാത്കാരമല്ല തഥാപി സർവവിശേഷരഹിതോപി ഒരു തരത്തിനും വിശേഷിപ്പിക്കാൻ വയ്യ ഇതിന്റെ സാക്ഷാത്കാരത്തെക്കുറിച്ച് അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് പക്ഷെ ഒരു തരത്തിനും അതിനെ വിശദീകരിക്കാൻ ഒരു വ്യാഖ്യാനത്തിനും അത് വഴങ്ങുന്നതല്ല സർവവിശേഷരഹിതോവി ജഗതോ മൂലം എന്നാലും ഇത് ജഗത്തിന് മൂലമാണ് കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു എങ്ങനെ ശ്രുതിയിലൂടെ യുക്തിയിലൂടെ എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു സ്വ അനുഭവത്തിലൂടെയും അത് മനസ്സിലാക്കാം അതുകൊണ്ടെന്നാണ് അസ്ത്യവ ഇങ്ങനെ ഒന്നുകൊണ്ട് ഉറപ്പിച്ചു പറയണം അത് നമ്മൾ ശ്രുതിയിലൂടെ യുക്തിയിലൂടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നു ഇതിനൊരു കാരണം കൂടിയേ തീരു കാര്യമുണ്ടെങ്കിൽ കാരണം കൂടിയേ തീരു എന്ന് വരുന്നതാണ് യുക്തി ജാഗ്രത സ്വപ്നങ്ങളിൽ സർവപ്രപഞ്ചവും അസ്വമിച്ചാലും താൻ ശേഷിക്കുന്നു എന്നുള്ളതാണ് അനുഭവം ഇത് രണ്ടും പോരാതെ ശ്രുതിയും പറയുന്നുണ്ട് എന്താണ് ജഗതോ മൂലം ജഗത്തിനൊരു മൂലമുണ്ട് കാരണമുണ്ട് നിത്യവഗതത്വ അതുകൊണ്ട് അസ്ഥിയേവ കാര്യപ്രവിലാപന അസ്ഥിത്വനിഷ്ഠത്വ കാര്യപ്രവിലാപനം കാര്യത്തിന്റെ നാശം എന്നെങ്കിൽ ലയം അത് അസ്തിൽ നിഷ്ഠമാണ് ലയിക്കുന്നത് അസ്ഥിത്വത്തിലേക്കാണ് ഒരു വസ്തു നശിക്കുന്നത് അസ്തിത്വത്തിലേക്കാണ് അതുകൊണ്ട് അസ്തിത്വത്തെ അംഗീകരിക്കേണ്ടി അസ്തിത്വ രൂപത്തിൽ ഉണ്മയായി ഉണ്ട് എന്നുള്ള അനുഭവത്തിലൂടെ പ്രകാശിക്കുന്നതാണ് സർവ്വകാരണമായിരിക്കുന്ന ബ്രഹ്മം എന്ന് നാശത്തിലും എങ്ങനെ ആ ബ്രഹ്മം പ്രകാശിക്കുന്നു നാശം ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ അനുഭവത്തിൽ ശൂന്യത ഉണ്ട് എന്ന് പറയുന്നത് ഏതനുഭവവും ചേർന്ന് നിൽക്കുന്നത് ഈ അസ്തിത്വത്തിനോടാണ് ആധാരമായിരിക്കുന്ന എന്താണ് ഒരാൾ പറയുന്നത് ശൂന്യം അപ്പൊ അങ്ങനെ ഒരു ശൂന്യത കൊണ്ടോ ഉണ്ട് എന്ന് പറയുമ്പോൾ ശൂന്യത എവിടെ നിൽക്കുന്നു ആ ഉണ്മയിൽ അസ്തിത്വത്തിൽ നിൽക്കുന്നു വളരെ സരളമാണ് അപ്പൊ ശൂന്യതയ്ക്കും നിലനിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശൂന്യത അസ്തിത്വത്തെ ആശ്രയിക്കുന്നു എന്നറിയും ഇതിനൊരു ആധാരമില്ല എന്നൊരാൾ പറയുന്നു അവിടെയും ഇല്ലായ്മ അംഗീകരിക്കുന്നു ഇല്ലാമിയെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അസ്തിത്വത്തിൽ ഇല്ലാമിയെ കല്പിക്കുന്നു അസ്തിത്വത്തെ ആശ്രയിക്കാതെ ഒരു ചിന്തയും സാധ്യമല്ല ഒരു നാശത്തെ കുറിച്ച് നമുക്ക് അസ്തിത്വത്തെ ആശ്രയിക്കാതെ ചിന്തിക്കാൻ പറ്റത്തില്ല ഒരു ശൂന്യവാദിയും ചെന്ന് നിൽക്കുന്ന ഇവിടെ അസ്തിത്വത്തിലാണ് എന്തുകൊണ്ട് അയാൾ ശൂന്യതയെ അംഗീകരിക്കുന്നു ശൂന്യത ഉണ്ടെന്ന് പറയുന്നു ശൂന്യതയുടെ ഉണ്മ എന്ന് പറയുമ്പോൾ ഉണ്മയെ ആശ്രയിച്ചിരിക്കുന്ന ശൂന്യതയെന്നാണ് അതുകൊണ്ട് ചിലര് പറയും ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മം അസ്തിത്വത്തെയാണ് എന്നാൽ മറ്റു ചിലർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല ശൂന്യതയാണ് അതാണ് കുറച്ചുകൂടെ മെച്ചം എന്ന് പറയും ബുദ്ധികൾ ആലോചിക്കാതെ പറയുന്നത് ശൂന്യതയെ അംഗീകരിക്കുന്നു ശൂന്യത ഉണ്ടെന്നാണ് പറയുന്നത് എന്ന് ശൂന്യതയുടെ അസ്തിത്വത്തെ കുറിച്ചാണ് പറയുന്നത് ശൂന്യതയുടെ അസ്തിത്വം എന്ന് പറയുമ്പോൾ അസ്തിത്വത്തെ ആശ്രയിച്ചിരിക്കുന്ന ശൂന്യതെ അംഗീകരിക്കുന്നു അവിടെ ഈ അസ്തിത്വത്തെ സ്വീകരിച്ചിട്ട് പറയാൻ പറ്റും അതെന്താണ് കാര്യം സർവ്വകാര്യങ്ങളുടെയും പൂർണമായ നാശം അതാണ് നമ്മുടെ ശൂന്യഭാവനാതും അസ്തിത്വനിഷ്ഠത്വസ്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മനുഷ്യന്റെ ബുദ്ധിക്ക് പരമാവധി ചിന്തിക്കാമെങ്കിൽ അസ്തിത്വം വരെ ചിന്തിക്കാൻ പറ്റും ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അസ്തിത്വത്തെ വിട്ടിട്ട് മനുഷ്യന്റെ ബുദ്ധിക്ക് യാതൊരു ഭാവനയും യാതൊരു കൽപ്പനയും ചെയ്യാൻ സാധ്യതയുണ്ട് ിനും നിഷേധിച്ചാലും അസ്തിൽ തന്നെ ഉന്നയിക്കും നിഷേധത്തിന്റെ അസ്തിത്വത്തെ അവൻ അംഗീകരിക്കുമ്പോൾ ആ നിഷേധവും അസ്തിത്വത്തിൽ തന്നെ ഉന്നയിക്കും അതുകൊണ്ടിവിടെ ആചാര്യസ്വാമികളും പല സന്ദർഭങ്ങളിലും ഗീതാഭാഷ്യത്തിനും മറ്റും ഇത് ചർച്ച ചെയ്യുന്നുണ്ട് പല ഭാഗങ്ങളിലും ബ്രഹ്മസൂത്രത്തിലും എല്ലായിടം ഈ അസ്തിത്വം എന്ന് പറയുന്ന വിഷയത്തിൽ അതിന് അസ്തിവെന്ന് പറയുന്ന ആശയത്തെ നമുക്ക് വ്യക്തമാക്കി തരാൻ വളരെ ഭാഷകൾ ശ്രമിക്കുന്നുണ്ട് അസ്തിത്വം എന്ന് പറയുന്ന ആശയം പിടികിട്ടിയാൽ തന്നെ അവന് തത്വബോധം വ്യക്തമാകും ശങ്കരാചാര്യർ പറയുന്ന ഈ സിദ്ധാന്തത്തിന്റെ പൂരൾ എന്താണെന്ന് ഇവരു കാര്യം മനസ്സിലാക്കിയാ തന്നെ പിടികിട്ടു പിന്നെ അവന് നേരത്തെ പറഞ്ഞ പ്രമാദം തത്വവിചാരത്തിൽ പിന്നെ വരത്തിന് ഇവ ഒരു കാര്യം മനസ്സിലാക്കിയാകും അപ്രമത്വ തഥാബോധി എന്ന് പറഞ്ഞത് ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ ഈ തത്വബോധത്തെ സംബന്ധിച്ചുണ്ടാവും പറയുന്നു കാര്യപ്രബലാപന അസ്തിത്വനിഷ്ഠത്വ അതുവരെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ തഥാഹി അതൊന്നുകൂടി വിശദീകരിക്കുകയാണ് ഇതം കാര്യം സൂക്ഷ്മ പാരമ്പര്യേണ അനുഗമ്യമാനം സദ്ബുദ്ധി നിഷ്ഠാം ഈ സ്ഥൂലമായ ബാഹ്യമായ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ എത്രയൊക്കെ ചിന്തിച്ചാൽ നമ്മളെപ്പോഴും ചിന്തിക്കുന്നതിന്റെ കാരണത്തെ കണ്ടുപിടിക്കാനാണ് അതായത് സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്കാണ് ചിന്തിക്കുന്നത് അതാണ് കഥാഹിതം കാര്യം ഈ പ്രപഞ്ചം സൂക്ഷ്മ താരതമ്യ പാരമ്പര്യേണ അനുഗമ്യമാനം ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നിലേക്ക് പിന്നിലേക്ക് ചിന്തിക്കുമ്പോൾ സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മം അതിലും സൂക്ഷ്മം അതിലും സൂക്ഷ്മം അങ്ങനെ പോകുന്നു ഭൌതികമായി പ്രപഞ്ച കാരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ശാസ്ത്രജ്ഞന്മാരു അത് തന്നെ അന്വേഷിക്കുന്നു പിന്നിലെന്താണ് കാരണമെന്താണ് കാരണം എന്തെന്നുള്ള ചോദ്യം സൂക്ഷ്മത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്കുള്ള ചോദ്യമാണ് അതാണ് സൂക്ഷ്മ താരതമ്യ പാരമ്പര്യം സൂക്ഷ്മ താരമ്യതയുടെ പാരമ്പര്യം എന്ന ചക്രമാണ് സൂക്ഷ്മക്രമം പിന്നിലേക്ക് പിന്നിലേക്കുള്ള അനുഗമ്യമാനം അത് അനുസരിക്കുന്നു ഈ പ്രപഞ്ചം ഒരു അനുസരിക്കുന്നു പിന്തുടരുന്നു അനുഗമിക്കുക പിന്തുടരുക പ്രപഞ്ച കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സൂക്ഷ്മക്രമത്തെ നമുക്ക് പിന്തുടരേണ്ടി വരും നമ്മുടെ ബുദ്ധിക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ സദ്ബുദ്ധി അങ്ങനെ പിന്നിലേക്ക് പോയി പോയി അവസാനം സർവ്വശൂന്യതീ ചെല്ലട്ടെ അവിടെ ചെന്നുകഴിഞ്ഞാലും സദ്ബുദ്ധി നിഷ്ഠാം സദ്ബുദ്ധിയിൽ അവിടെ ചെന്ന് നിൽക്കേണ്ടി വരും അതിനപ്പുറം ചിന്തിക്കാൻ ബുദ്ധിക്ക് ശേഷിയില്ല അവഗ അതിനെ തന്നെയാണ് ബോധിപ്പിക്കുന്നത് എത്ര ചിന്താകുശലനായ ശാസ്ത്രജ്ഞനായാലും ശരി അയാൾക്ക് ഈ സദ്ബുദ്ധിയിൽ ചെന്ന് അവിടെ ചെന്ന് നിൽക്കേണ്ടി വരും ർക്കും ആ സത്ബുദ്ധി ജഗത് ആധാരത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് ആര്യസ്വാമിയുടെ അഭിപ്രായം അതാണ് ശ്രുതി പറയുന്നതെന്നാണ് ഒരു ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നത് അതിനെയാണ് ഇവിടെ പരബ്രഹ്മം എന്ന് പറയുന്നത് പരബ്രഹ്മത്തെക്കുറിച്ചുള്ള നമ്മുടെ ഈ വ്യവഹാരാവസ്ഥയിലുള്ള ബോധം നമ്മൾ വിചാരത്തിലൂടെ നമുക്ക് നമ്മുടെ ബോധം പരമാവധി ചെന്നെത്തുന്നത് ഈ അസ്തിത്വത്തിലാണ് അതിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റത്തില്ല അതാണ് അദ്വൈത സിദ്ധാന്തത്തിന്റെ സാരമായിട്ട് ശ്രുതിയിലും ശാസ്ത്രങ്ങളിലും എല്ലാം നിർദ്ദേശിക്കുന്നു തുടർന്നുള്ള ഭാഗം നമ്മൾ അടുത്ത ക്ലാസ് ചർച്ച ചെയ്യും भले सहैर्यम वावः हे जस्य न वालि नमस्मा दिशाहै ओसंदे संदे संदे ओ हो न न न वना को नमस्य कोनस्य कोनमना कोनवे वा वैशिष्ट्यहि um is a is a is a